താങ്കൾ ആകാശത്തേക്ക് മുഖം തിരിക്കുന്നത് ഞങ്ങൾ കാണുന്നുണ്ട് അതിനാൽ താങ്കൾ തൃപ്തിപ്പെടുന്ന ഒരു ക്ബബിലയിലേക്ക് ഞങ്ങൾ താങ്കളെ തിരിച്ചുവിടും അതിനാൽ താങ്കൾ മസ്ജിദുൽ ഹറാമിലേക്ക് മുഖം തിരിക്കുക നിങ്ങൾ എവിടെയായിരുന്നാലും അവിടേക്ക് മുഖം തിരിക്കുക വേദഗ്രന്ഥം നൽകപ്പെട്ടവർക്ക് ഇത് അവരുടെ രക്ഷിതാവിൽ നിന്നുള്ള സത്യമാണെന്ന് തീർച്ചയായും അറിയാം അവർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹു സുബഹാനഹുവത്ത ആലാ ഗഫിലല്ല